യൂണിറ്റ് നയൻ ലെസൺ തേർട്ടി ഫൈവ് ലെസൺ ഉള്ളി എനിക്കൊരു ഉപകാരം ചെയ്യുമോ മിസ്റ്റർ നായർ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്താണ് മാധു എന്നോട് സംസാരിക്കാൻ ഇത്ര വലിയ മുഖപുര ഒക്കെ വേണോ എന്തു വേണം പറയൂ എനിക്ക് നന്ദാവനം വരെ ഒന്നു പോകണം നിങ്ങളും എന്റെ കൂടെ വരുമോ വരാമല്ലോ പക്ഷേ ഇന്നും നാളെയും പറ്റില്ല എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട് മറ്റന്നാൾ പോകാം പോരെ അത് മതിയായിരുന്നു പക്ഷേ എനിക്ക് നന്ദാവനത്തൊരാളെ കാണാനുണ്ട് ക്ക് അദ്ദേഹം എറണാകുളത്തേക്ക് പോകും പിന്നെ ഇരുപത്തി ആറാം തീയതി വരെ ഇവിടെ കാണില്ല അന്ന് എനിക്ക് മൈസൂറിലേക്ക് മടങ്ങണ്ടേ പിന്നെ എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കില്ല നന്ദാവനത്ത് നിങ്ങൾക്കാരെ കാണണം അയാളുടെ മേൽവിലാസം ഉണ്ടോ കയ്യിൽ ഉണ്ട് ഇതാ നോക്കൂ ശ്രീ വി പരമേശ്വരൻ നമ്പ്യ ശ്രീ നന്ദാവനം പാളയം തിരുവനന്തപുരം അത് ഈ നമ്പ്യാരെ എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ അറിയാം മിസ്റ്റർ നമ്പ്യാരുടെ അനുജൻ ഞങ്ങളുടെ കൂടെ മൈസൂറിലുണ്ട് മധുസൂദനൻ എന്നാണ് പേര് അയാളുടെ ഒരു പെട്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഏൽപ്പിക്കണം അദ്ദേഹത്തോട് ചില കാര്യങ്ങളും പറയണം അത് ശരി ഞാൻ അതിനൊരു പോംവഴി ഉണ്ടാക്കാം എന്റെ അനിയൻ ഭാസ്കരനെ നിങ്ങളുടെ കൂടെ അയക്കാം ആ വീടും സ്ഥലവും ഒക്കെ അവൻ അറിയാം അവൻ നിങ്ങളെ കൊണ്ടുപോകും എപ്പോൾ ഞാൻ ഇതാ വീട്ടിൽ പോകുന്നു ഒരു മൂന്ന് മണിക്ക് അവൻ നിങ്ങളുടെ മുറിയിലെത്തി വളരെ ഉപകാരം നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല അങ്ങനെ വിചാരിക്കരുത് നായർ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് എന്താണത് ചോദിക്കൂ ഇവിടത്തെ കാഴ്ച ബംഗ്ലാവും യും ചിത്രാലയവും ഒക്കെ നന്ദാവനത്തിന് വളരെ അടുത്തല്ലേ അതെ അതെ നിങ്ങൾക്ക് അവിടെയൊക്കെ പോകാനും പരിപാടിയുണ്ടോ വളരെ നല്ലത് ഭാസ്കരൻ കൂടെ കാണുമല്ലോ എല്ലാം നന്നായി കാണൂ ഇരുപത്തി തീയതി മൈസൂരിലേക്ക് തിരിക്കണ്ടേ അതിനു മുൻപ് ഇവിടം എല്ലാം കാണാൻ ശ്രമിക്കണം ിസൺ ആൻഡ് റിപ്പീറ്റ് മിസ്റ്റർ നായർ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ മിസ്റ്റർ നായർ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്താണോ മാതൂർ എന്താണ് മാധുർ എന്നോട് സംസാരിക്കാൻ ഇത്ര വലിയ മുഖപുര ഒക്കെ വേണോ എന്നോട് സംസാരിക്കാൻ ഇത്ര വലിയ മുഖപുര ഒക്കെ വേണോ എന്തു വേണം പറയൂ എന്ത് വേണം പറയൂ എനിക്ക് നന്ദാവനം വരെ ഒന്ന് പോകണം എനിക്ക് നന്ദാവനം വരെ ഒന്ന് പോകണം നിങ്ങളും എന്റെ കൂടെ വരുമോ നിങ്ങളും എന്റെ കൂടെ വരുമോ വരാമല്ലോ പക്ഷേ ഇന്നും നാളേം പറ്റില്ല പക്ഷേ ഇന്നും നാളേം പറ്റില്ല എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട് എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട് മറ്റന്നാൾ പോകാം പോരെ മറ്റന്നാൾ പോകാം പോരെ അത് മതിയായിരുന്നു പക്ഷേ എനിക്ക് നന്ദാവനത്ത് ഒരാളെ കാണാനുണ്ട് പക്ഷേ എനിക്ക് നന്ദാവനത്ത് ഒരാളെ കാണാനുണ്ട് നാളെ ഉച്ചയ്ക്ക് അദ്ദേഹം എറണാകുളത്തേക്ക് പോകും നാളെ ഉച്ചയ്ക്ക് അദ്ദേഹം എറണാകുളത്തേക്ക് പോകും പിന്നെ ഇരുപത്തി ആറാം തീയതി വരെ ഇവിടെ കാണില്ല പിന്നെ ഇരുപത്തി ആറാം തീയതി വരെ ഇവിടെ കാണില്ല അന്ന് എനിക്ക് മൈസൂറിലേക്ക് മടങ്ങണ്ടേ അന്ന് എനിക്ക് മൈസൂറിലേക്ക് മടങ്ങണ്ടേ പിന്നെ എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കില്ല പിന്നെ എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കില്ല നന്ദാവനത്ത് നിങ്ങൾക്കാരെ കാണണം നന്ദാവനത്ത് നിങ്ങൾക്കാരെ കാണണം അയാളുടെ മേൽവിലാസം ഉണ്ടോ കയ്യിൽ അയാളുടെ മേൽവിലാസം ഉണ്ടോ കയ്യിൽ ഉണ്ട് ഇതാ നോക്കൂണ്ട് ഇതാ നോക്കൂ ശ്രീ വി പരമേശ്വരൻ നമ്പ്യാർ ശ്രീ നിലയം നന്ദാവനം പാളയം തിരുവനന്തപുരം ശ്രീ വി പരമേശ്വരൻ നമ്പ്യാർ ശ്രീ നിലയം നന്ദാവനം പാളയം തിരുവനന്തപുരം അതുകൊള്ളാം അതുകൊള്ളാം ഈ നമ്പ്യാരെ എനിക്ക് നല്ല പരിചയമുണ്ട് ഈ നമ്പ്യാർ എനിക്ക് നല്ല പരിചയമുണ്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അദ്ദേഹത്തെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അദ്ദേഹത്തെ മിസ്റ്റർ നമ്പ്യാരുടെ അനുജൻ ഞങ്ങളുടെ കൂടെ മൈസൂറിലുണ്ട് മിസ്റ്റർ നമ്പ്യാരുടെ അനുജൻ ഞങ്ങളുടെ കൂടെ മൈസൂറിലുണ്ട് മധുസൂദനൻ എന്നാണ് പേര് മധുസൂദനൻ എന്നാണ് പേര് അയാളുടെ ഒരു പെട്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഏൽപ്പിക്കണം അയാളുടെ ഒരു പെട്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഏൽപ്പിക്കണം അദ്ദേഹത്തോട് ചില കാര്യങ്ങളും പറയണം അദ്ദേഹത്തോട് ചില കാര്യങ്ങളും പറയണം അത് ശരി അത് ശരി ഞാൻ അതിനൊരു പോംവഴി ഉണ്ടാക്കാം ഞാൻ അതിനൊരു പോംവഴി ഉണ്ടാക്കാം എന്റെ അനിയൻ ഭാസ്കരനെ നിങ്ങളുടെ കൂടെ അയക്കാം എന്റെ അനിയൻ ഭാസ്കരനെ നിങ്ങളുടെ കൂടെ അയക്കാം ആ വീടും സ്ഥലവും ഒക്കെ അവനറിയാം ആ വീടും സ്ഥലവും ഒക്കെ അവൻ അറിയാം അവൻ നിങ്ങളെ കൊണ്ടുപോകും അവൻ നിങ്ങളെ കൊണ്ടുപോകും എപ്പോൾ എപ്പോൾ ഞാൻ ഇതാ വീട്ടിൽ പോകുന്നു ഞാൻ ഇതാ വീട്ടിൽ പോകുന്നു ഒരു മൂന്ന് മണിക്ക് അവൻ നിങ്ങളുടെ മുറിയിൽ എത്തും ഒരു മൂന്ന് മണിക്ക് അവൻ നിങ്ങളുടെ മുറിയിലെത്തും വളരെ ഉപകാരം വളരെ ഉപകാരം നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി ചേച്ചെ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലേ ചേ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കരുത് നായർ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് നായർ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് എന്താണത് ചോദിക്കൂ എന്താണത് ചോദിക്കൂ ഇവിടത്തെ കാഴ്ച ബംഗ്ലാവും മൃഗശാലയും ചിത്രാലയവും ഒക്കെ ഇവിടത്തെ കാഴ്ച ബംഗ്ലാവും മൃഗശാലയും ചിത്രാലയവും ഒക്കെ നന്ദാവനത്തിന് വളരെ അടുത്തല്ലേ വളരെ അടുത്തല്ലേ അതെ അതെ അതെ അതെ നിങ്ങൾക്കവിടെയൊക്കെ പോകാനും പരിപാടിയുണ്ടോ നിങ്ങൾക്കവിടെയൊക്കെ പോകാനും പരിപാടിയുണ്ടോ വളരെ നല്ലത് വളരെ നല്ലത് ഭാസ്കരൻ കൂടെ കാണുമല്ലോ ഭാസ്കരൻ കൂടെ കാണുമല്ലോ എല്ലാം നന്നായി കാണൂ എല്ലാം നന്നായി കാണൂ ഇരുപത്തി ആറാം തീയതി മൈസൂരിലേക്ക് തിരിക്കണ്ടേ ഇരുപത്തി ആറാം തീയതി മൈസൂരിലേക്ക് തിരിക്കണ്ടേ അതിനു മുൻപ് ഇവിടം എല്ലാം കാണാൻ ശ്രമിക്കണം അതിനു മുൻപ് ഇവിടെ എല്ലാം കാണാൻ ശ്രമിക്കണം ഡ്രിൽ അദ്ദേഹം എറണാകുളത്തേക്ക് പോകും അദ്ദേഹം എറണാകുളത്തേക്ക് പോകും എന്റെ കൂട്ടുകാരൻ അടുത്ത മാസം വരും എന്റെ കൂട്ടുകാരൻ അടുത്ത മാസം വരും ആരും അവിടെ പോകില്ല ആരും അവിടെ പോകില്ല കുട്ടികൾ പാഠം നന്നായി എഴുതില്ല കുട്ടികൾ പാഠം നന്നായി എഴുതില്ല നിങ്ങൾ ആ കാര്യം പറയുമോ നിങ്ങൾ ആ കാര്യം പറയുമോ നാളെയെങ്കിലും നിങ്ങൾ സമയത്തിന് വരുമോ െങ്കിലും നിങ്ങൾ സമയത്തിന് വരുമോ അവർ ഇനിയും താമസിക്കില്ലേ അവർ ഇനിയും താമസിക്കില്ലേ അപ്പോൾ ഞാനും വീട്ടിലേക്ക് തിരിക്കില്ലേ അപ്പോൾ ഞാനും വീട്ടിലേക്ക് തിരിക്കില്ലേ എന്റെ അനിയൻ ഭാസ്കരനെ അയക്കാം എന്റെ അനിയൻ ഭാസ്കരനെ അയക്കാം നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ സമ്മാനം തരാം നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ സമ്മാനം തരാം ഞാനും അവനെ പോലെ ശ്രമിക്കാം ഞാനും അവനെപ്പോലെ ശ്രമിക്കാം ബിൽഡപ് ഡ്രിൽ മോഡൽ ും നാളെ മുതൽ ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങും നൗ ഫോളോ ദോഡൽ നാട്ടിൽ െത്തും പത്തുമണിക്ക് പത്തുമണിക്ക് നാട്ടിലെത്തും മറ്റെന്നാൾ മറ്റെന്നാൾ പത്തുമണിക്ക് നാട്ടിലെത്തും ഞങ്ങൾ ഞങ്ങൾ മറ്റന്നാൾ പത്തുമണിക്ക് നാട്ടിലെത്തും വരില്ലേ കല്യാണത്തിന് കല്യാണത്തിന് വരില്ലേ ആ കല്യാണത്തിന് വരില്ലേ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ ആ കല്യാണത്തിന് വരില്ലെ നിങ്ങളും നിങ്ങളും ഞങ്ങളുടെ കൂടെ ആ കല്യാണത്തിന് വരില്ലെ ഉണ്ടാക്കുമോ കഥ കഥ ഉണ്ടാക്കുമോ ഒരു കഥ ഉണ്ടാക്കുമോ അങ്ങനെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കുമോ അവരും അവരും അങ്ങനെ ഒരു കഥ ഉണ്ടാക്കുമോ അവളെ പറ്റി അവളെപ്പറ്റി അവരും അങ്ങനെ ഒരു കഥ ഉണ്ടാക്കുമോ സംസാരിക്കാം ഞങ്ങളും ഞങ്ങളും സംസാരിക്കാം പോലെ ഞങ്ങളും സംസാരിക്കാം അദ്ദേഹത്തിന്റെ മുൻപിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവരെപ്പോലെ ഞങ്ങളും സംസാരിക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ ഞങ്ങളുടെ വീട്ടിലും അതിഥികൾ വരും താമസിക്കും ഞങ്ങളുടെ വീട്ടിലും അതിഥികൾ താമസിക്കും ഞങ്ങളുടെ വീട്ടിലും അതിഥികൾ എത്തും പുതിയ പാഠവും അവർ വായിക്കും എഴുതും പുതിയ പാഠവും അവർ എഴുതും പഠിക്കും പുതിയ പാഠവും അവർ പഠിക്കും നോക്കും പുതിയ പാഠവും അവർ നോക്കും കാണും പുതിയ പാഠവും അവർ കാണും പഠിപ്പിക്കും പുതിയ പാഠവും അവർ പഠിപ്പിക്കും എടുക്കും പുതിയ പാഠവും അവർ എടുക്കും തുടങ്ങും പുതിയ പാഠവും അവർ തുടങ്ങും വീട്ടിൽ നിന്ന് നിങ്ങൾ എപ്പോൾ തിരിക്കും മടങ്ങും വീട്ടിൽ നിന്ന് നിങ്ങൾ എപ്പോൾ മടങ്ങും വരും വീട്ടിൽ നിന്ന് നിങ്ങൾ എപ്പോൾ വരും പോകും വീട്ടിൽ നിന്ന് നിങ്ങൾ എപ്പോൾ പോകും ഇറങ്ങും വീട്ടിൽ നിന്ന് നിങ്ങൾ എപ്പോൾ ഇറങ്ങും അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കും കളിപ്പിക്കും കുഞ്ഞിനെ കളിപ്പിക്കും വിളിക്കും അമ്മ കുഞ്ഞിനെ വിളിക്കും അടിക്കും അമ്മ കുഞ്ഞിനെ അടിക്കും ചിരിപ്പിക്കും അമ്മ കുഞ്ഞിനെ ചിരിപ്പിക്കും പഠിപ്പിക്കും അമ്മ കുഞ്ഞിനെ പഠിപ്പിക്കും നോക്കും അമ്മ കുഞ്ഞിനെ നോക്കും കാണും അമ്മ കുഞ്ഞിനെ കാണും ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ അവൻ എന്റെ കസേരയിൽ ഇരിക്കുന്നു അവൻ എന്റെ കസേരയിൽ ഇരിക്കും നൗ ഫോളോ ദ മോഡൽ കുട്ടികൾ പാട്ടുപാടുന്നു കുട്ടികൾ പാട്ടുപാടും രഘു ഭാര്യക്ക് കത്ത് എഴുതുന്നു രഘു ഭാര്യയ്ക്ക് കത്ത് എഴുതും ഉണ്ണി ഭാര്യയുടെ കത്ത് വായിക്കുന്നു ഉണ്ണി ഭാര്യയുടെ കത്ത് വായിക്കും ബേബി അനിയത്തിയെ അടിക്കുന്നു ബേബി അനിയത്തിയെ അടിക്കും സരള അമ്മയെ ഓർമ്മിക്കുന്നു സരള അമ്മയെ ഓർമ്മിക്കും മോഡൽ ടു പരമേശ്വരൻ കാര്യങ്ങൾ മനസ്സിലാക്കും പരമേശ്വരൻ കാര്യങ്ങൾ മനസ്സിലാക്കില്ല നൗ ഫോളോ ദ മോഡൽ എല്ലാവരും ആ സത്യം അറിയും എല്ലാവരും ആ സത്യം അറിയില്ല ഏപ്രിൽ മാസം അവൻ വരും ഏപ്രിൽ മാസം അവൻ വരില്ല രാധയുടെ കുഞ്ഞ് ഉറക്കേക്കറിയും രാധയുടെ കുഞ്ഞ് ഉറക്കേ കരയില്ല വേണു നേരത്തെ ആഹാരം കഴിക്കും വേണു നേരത്തെ ആഹാരം കഴിക്കില്ല നാളെയും അയാൾ താമസിക്കും ും അയാൾ താമസിക്കില്ല മോഡൽ ത്രീ എല്ലാ ജോലിയും അവൾ ചെയ്യും എല്ലാ ജോലിയും അവൾ ചെയ്യുമോ നൗ ഫോളോ ദ മോഡൽ എന്റെ അനിയത്തിയും കഥ എഴുതും എന്റെ അനിയത്തെയും കഥ എഴുതുമോ അദ്ദേഹം നമ്മളോട് കോപിക്കും അദ്ദേഹം നമ്മളോട് കോപിക്കുമോ രാധ മുകുന്ദനെ അടിക്കും രാധ മുകുന്ദനെ അടിക്കുമോ ടീച്ചർ എല്ലാവർക്കും സമ്മാനം കൊടുക്കും ടീച്ചർ എല്ലാവർക്കും സമ്മാനം കൊടുക്കുമോ നിങ്ങൾ അവനെ കളിയിൽ ചേർക്കും നിങ്ങൾ അവനെ കളിയിൽ ചേർക്കുമോ മോഡൽ ഫോർ കുട്ടി ആ പാട്ട് പാടില്ല കുട്ടി ആ പാട്ടു പാടില്ലേ നൗ ഫോളോ ദ മോഡൽ ഇത്തവണയും സാറു മാപ്പുതരില്ല ഇത്തവണയും സാറ് മാപ്പ് തരില്ലേ സതി ആ വാതിൽ തുറക്കില്ല സതി ആ വാതിൽ തുറക്കില്ലേ മാധവൻ മകളെ മോഹനന് കൊടുക്കില്ല മാധവൻ മകളെ മോഹനന് കൊടുക്കില്ലേ അവൻ മീൻ വാങ്ങില്ല അവൻ മീൻ വാങ്ങില്ലേ കൂട്ടുകാർ അയാളെ ആക്ഷേപിക്കില്ല കൂട്ടുകാർ അയാളെ ആക്ഷേപിക്കില്ലേ റീസ്റ്റേറ്റ്മെന്ററിൽ മോഡൽ ഞാൻ ആ കഥ പറയും ഞാൻ ആ കഥ പറയാം നൗ ഫോളോ ദ മോഡൽ ഞാൻ അവിടെ വരും ഞാൻ അവിടെ വരാം ഞാൻ നിങ്ങളുടെ വീട്ടിൽ എത്തും ഞാൻ നിങ്ങളുടെ വീട്ടിൽ എത്താം ഞാൻ ആ പാട്ടു നന്നായി പാടും ഞാൻ ആ പാട്ട് നന്നായി പാടാം ഞാൻ നിന്റെ കഥ കേൾക്കും ഞാൻ നിന്റെ കഥ കേൾക്കാം ഞാൻ പാഠത്തിൽ ശ്രദ്ധിക്കും ഞാൻ പാഠത്തിൽ ശ്രദ്ധിക്കാം ഡ്രിൽ മോഡൽ വൺ രാധ നാളെ വരുമോ വരും നാളെ രാധ വരും ഇല്ല നാളെ രാധ വരില്ല നൗ ഫോളോ ദോഡൽ രാജു ഇനിയും അങ്ങനെ പറയുമോ പറയും രാജു ഇനിയും അങ്ങനെ പറയും ഇല്ല രാജു ഇനിയും അങ്ങനെ പറയില്ല ഇനി നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുമോ ഉണ്ടാക്കും ഇനിയും ഞങ്ങൾ ശബ്ദമുണ്ടാക്കും ഇല്ല ഇനിയും ഞങ്ങൾ ശബ്ദമുണ്ടാക്കില്ല അദ്ദേഹവും കവിത എഴുതുമോ എഴുതും അദ്ദേഹവും കവിത എഴുതും അദ്ദേഹവും കവിത എഴുതില്ല മോഡൽ ടു അവർ അവളെ ആക്ഷേപിക്കില്ലേ ആക്ഷേപിക്കും അവർ അവളെ ആക്ഷേപിക്കും ഇല്ല അവർ അവളെ ആക്ഷേപിക്കില്ല നൗ ഫോളോ ദോഡൽ മധു അനിയനെ അടിക്കില്ലേ ടിക്കും മധു അനിയനെ അടിക്കും ഇല്ല മധു അനിയനെ അടിക്കില്ല തോമസ് ക്ലാസിൽ ഉറങ്ങില്ലേ ഉറങ്ങും തോമസ് ക്ലാസ്സിൽ ഉറങ്ങും ഇല്ല തോമസ് ക്ലാസിൽ ഉറങ്ങില്ല രാജൻ കാമധേനുവിൽ താമസിക്കില്ലേ താമസിക്കും രാജൻ കാമധേനുവിൽ താമസിക്കും ഇല്ല രാജൻ കാമധേനുവിൽ താമസിക്കില്ല